സത്യനിഷേധികൾ നരകത്തിനു മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം ഇത് സത്യമല്ലേ എന്ന് ചോദിക്കപ്പെടും അവർ പറയും അതെ ഞങ്ങളുടെ രക്ഷിതാവാണ് സത്യം അപ്പോൾ അവൻ പറയും നിങ്ങൾ സത്യനിഷേധം കാണിച്ചതിനാൽ ശിക്ഷ രുചിക്കൂ